തൗറാത്ത് അവതരിപ്പിക്കുന്നതിനു മുൻപ് ഇസ്രായേൽ അലഹിസ്ലാം സ്വന്തം ശരീരത്തിന് നിഷിദ്ധമാക്കിയതൊഴികെ എല്ലാ ഭക്ഷണങ്ങളും ഇസ്രായേൽ സന്തതികൾക്ക് അനുവദനീയമായിരുന്നു പറയുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ തൗറാത്തുമായി അത് പാരായണം ചെയ്യുക